ഇന്ന് സഭയിൽ കൽപ്പിച്ച ദൈവവചനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സഭയിലൂടെ തൻ്റെ മക്കളെ അറിയിക്കാനായിട്ട് ഈ മർമ്മങ്ങളെ നമുക്ക് തന്നിരിക്കുകയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു വളരെ വളരെ ക്രിസ്ത്യൻ ജീവിതത്തിൽ പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് കർത്താവ് നമ്മളെ ഇന്ന് കേൾപ്പിച്ചത് ബദൽ തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും ജീവനെ വയ്ക്കുന്നൊരു കാര്യം അനുദിനം കുരിശെടുത്തുകൊണ്ട് എല്ലാ ദിവസവും അല്ലേ എല്ലാ ദിവസവും നമ്മളോട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നൊരു കാര്യം കുരിശ് അനുദിനമെടുക്കുക അനുദിനം ഓരോ ദിവസവും അത് ബാഹ്യമായൊരു കാര്യമല്ല മറിച്ച് ആന്തരികമായ എൻ്റെ തന്നെ ജീവനെ വെക്കുന്നൊരു കാര്യമായിട്ട് ആണ് നാം ആ കാണേണ്ടതെന്നും നമ്മളിന്ന് സഹോദരനോട് സംസാരിച്ചു ഇങ്ങനെ ഇങ്ങനെ തങ്ങൾ തന്നെ ജീവനെ വെക്കുന്ന ഒരു കർത്താവ് വിശേഷിപ്പിച്ച ഒരു ലളിതമായ ഒരു വാക്കുണ്ട് മഹത്തായുടെ സുവിശേഷം പതിനെട്ടാം അധ്യായത്തിൽ തങ്ങളുടെ തന്നെ ജീവനെ വെച്ച് സ്നേഹിക്കുന്ന ദൈവമക്കളെപ്പറ്റി കത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പതിനെട്ട് പത്തിൽ ഇങ്ങനെ ഒരു ചെറിയ പ്രയോഗം ഈ ചെറിയവരിലൊരുത്തന്നെ ദുശിക്കാതിരിക്കേണ്ടതിന് സൂക്ഷിച്ചു കൊടുക്കും നമുക്ക് ആരായി ചെറിയവർ അതിനു കൈയിനോ കാലിനോ ഒരു ഇടർച്ച ഉണ്ടാവുന്നതിൽ ഭേദം അത് വെട്ടിയെറിയുകയാണ് എന്ന് അത്രമാത്രം ഹൃദയത്തിൽ തീക്ഷ്ണതയോടെ കർത്താവിനെ കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു കൂട്ടരെ പറ്റിയാണ് പറഞ്ഞത് നിൻ്റെ കണ്ണ് നിനക്ക് ഇടർച്ചയാകുമ്പോൾ കർത്താവേ ഇത് ചൂഴ്ന്നുരുത്തി കളയും ഞാൻ ആന്തരികമായി ഞരങ്ങുന്നു നിലവിളിക്കുന്നു എന്ന് നമുക്ക് ആ ഒരു തേങ്ങലുള്ളവരെ കത്താവ് കളിക്കുന്ന മനോഹരമായൊരു പേര് ചെറിയവനാണ് ചെറിയവരിൽ ഒരുവനെ തുച്ഛിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളൂ താജെ പതിനാലാം വാക്യവും ഇങ്ങനെ പറയുന്നു അങ്ങനെ തന്നെ ഈ ചെറിയവരിൽ ഒരുത്തൻ നശിച്ചു പോകുന്നത് സ്വർഗസ്വനായ പിതാവ് ഇഷ്ടം പിതാവിന് ഇഷ്ടമില്ല അപ്പോൾ നമുക്ക് ഏറ്റവും സുരക്ഷിതമായൊരിടം കതാവ് നമുക്ക് കാണിച്ചു തരിക കഥാവിനെ പിൻപറ്റാനായിട്ട് ജീവൻ വെച്ച് പിൻപറ്റാൻ ആഗ്രഹിക്കുന്ന നമ്മെ ഓരോരുത്തരെയും കഥാവ് കാണുന്നങ്ങനെയാണ് ചെറിയവർ ഇങ്ങനെയുള്ള ഒരു ചെറിയവൻ ആരും നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് പിതാവിൻ്റെ ഹൃദയം എന്നാണ് കതാവ് നമ്മളെ പഠിപ്പിച്ചത് ഇന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് അറിയാം ലോകം നമ്മളെ ലോകം ഒരു ശത്രുതയോടെ നമ്മളെ വലുതാക്കാൻ നോക്കുകയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ ചെല്ലുന്ന താഴെ സ്കൂളിലായി ആകട്ടെ കോളേജിലാകട്ടെ നമ്മുടെ ജോലി സാഹചര്യങ്ങളിലായിക്കോട്ടെ ബിസിനസ്സിലായിക്കോട്ടെ നമ്മുടെ സാമൂഹിക പശ്ചാത്തലത്തിലായിക്കോട്ടെ നീ വലിയവനാകണം വലിയവനാകണം എല്ലായിടത്തും ഈ മത്സരമാണ് വലിയവനാകാൻ വലിയവനാകാൻ അല്ലേ ഇന്ന് സാമൂഹിക മാധ്യമം സോഷ്യൽ മീഡിയസെല്ലാം വാട്സാപ്പ് വഴി ഇപ്പോൾ സെൽഫി അല്ലേ സെൽഫി എടുക്കുന്നു ഞാനൊരു ഭക്ഷണം നല്ലൊരു മുതിർന്ന ഹോട്ടലിൽ കയറുന്നു ഭക്ഷണം എടുക്കുന്നു കഴിക്കുന്നു അത് അപ്പഴേ ഞാൻ സെൽഫി എടുത്തു അയക്കുന്നു ഞാൻ എൻ്റെ ജീവിതം മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് ശ്രേഷ്ഠമാണ് ഞാൻ മറ്റുള്ളവരെക്കാൾ ഇവരെക്കാളും അവരെക്കാളും ഒക്കെ ഞാൻ മിടുക്കനാണ് നിർഭാഗ്യവശാല നമ്മൾ കേട്ടതുപോലെ ആത്മീയ ലോകത്തിൽ പോലും വലിയവനാകാനുള്ള ശ്രമത്തിന് മധ്യേ കഥാപാത പറയുക ജീവൻ വയ്ക്കുന്നവരെല്ലാം ചെറിയവരാണ് ഏറ്റവും സുരക്ഷിതമായൊരിടം അവിടെ അവിടെ കഥാപാത്രെ താജയ്ക്ക് വിവരിക്കുന്ന ഒരു കാര്യമുണ്ട് അവിടെ നമുക്ക് മനസ്സിലാക്കി തരുവാനായിട്ട് ആരാണ് ചെറിയവൻ എന്ന് നമ്മെ കാണിച്ചു തരുന്നുണ്ട് ഇങ്ങനെ ഇരുപത്തി വാക്യം സ്വർഗരാജ്യം തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കുവാൻ ഒരു രാജാവിനോട് സദൃശ്യം അവൻ കണക്ക് നോക്കി നമ്മുടെ കണക്ക് നോക്കി നമ്മുടെ സ്വാഭാവികമായി നമ്മുടെ നമ്മൾ നമ്മളുടെ അവസ്ഥ കഥാവ് നോക്കിയപ്പോൾ അവിടെ നോക്ക് പതിനായിരം താഴെ കടപ്പെട്ട ഒരുവനെ അവൻ്റെ അടുക്കള കൊണ്ടുവന്നു അവന് വീട്ടുവാൻ വകയില്ലാത്തതിനാൽ അവൻ്റെ യജമാനൻ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും വിറ്റ് കടം തീർക്കുവാൻ കൽപ്പിച്ചു അതുകൊണ്ട് ആ ദാസൻ വീണ് അവനെ നമസ്കരിച്ചു യജമാനെ എന്നോട് ക്ഷ എന്നോട് ഞാൻ സകലവും തന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആ ദാസൻ്റെ യജമാനൻ മനസ്സിലഞ്ഞ് അവനെ വിട്ടയച്ച് കടവും വിളച്ചു കൊടുത്തു അതേ തുടർന്ന് നോക്കുക ദുരന്തം അവൻ്റെ ജീവിതത്തിലേക്ക് വന്ന അവർ ദുരന്തം നോക്കുക ഇത്രമാത്രം കരുണയും കൃപയും ദയയും അനുഭവിച്ചവൻ ഇരുപത്തിരണ്ടാം വാക്യം പറയുന്ന ദാസൻ പോകുമ്പോൾ തനിക്ക് നൂറ് വെള്ളിക്കാശ് കടപ്പെട്ട ഒരു ഒരു കൂട്ടുദാസനെ കണ്ട് അവൻ സഹോദരനാണ് തൊണ്ടയ്ക്ക് പിടിച്ചു ഞെക്കി എന്നെൻ്റെ കടം തീർക്കുക എന്ന് പറഞ്ഞു അതേ തുടർന്ന് സംഭവിച്ചിരിക്കുന്ന എല്ലാം നമുക്കറിയാം എങ്ങനെയാണ് ആ കഥയെ അവസാനിക്കുന്നത് പ്രിയപ്പെട്ടവർ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ഇവിടെ നോക്കുക ഇവിടെ നമ്മൾ വായിക്കുന്ന ഇരുപത്തി ഇരുപത്തി അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെയാണ് അവന് വീട്ടുവാൻ വകയില്ലാത്തതിനാൽ അവനെയും ഭാര്യയെയും മക്കളെയും അവനുള്ളതൊക്കെയും കടം വീട്ടുവാൻ രാജാവ് തീരുമാനിക്കുക അവനൊന്നുമില്ല അവൻ ആത്മീയമായി ദാരിദ്ര്യമുള്ളവനാണ് അവന് കടം വീട്ടണമെങ്കിൽ അവന് അവൻറ്റേതായ സമ്പാദ്യങ്ങളൊന്നുമില്ല ആകെയുള്ളത് അവൻ്റെ ഭാര്യയെ വിൽക്കണം അവൻ്റെ മക്കളെ വിൽക്കണം അവനുള്ള അല്പമൊക്കെ വിൽക്കണം അതിനൊക്കെ വളരെ വില മൂല്യം കുറവായതുകൊണ്ട് അവൻ ഭാര്യയ്ക്കാണ് വീണ്ടും മൂല്യം കൂടുതൽ നമുക്ക് വിറ്റുകളയുവാനായിട്ട് അവനൊന്നുമില്ല പക്ഷേ രാജാവിനോട് അവൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണ് കർത്താവ് ഒരു പാപമോചനം അല്ലെങ്കിൽ പാപത്തിൻ്റെ ക്ഷമ അവന് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവൻ്റെ കടത്തിന് ഇളവ് കൊടുക്കുമ്പോൾ അവൻ പറയുന്നതാ യജമാനെ എന്നോട് ക്ഷമ തോന്നണമേ ഞാൻ സകലവും തന്നു തീർക്കാം കഥാപെ അല്പം കൂടെ ഒന്ന് കാത്തിരുന്നാൽ മതി കഥാപി അല്പം കൂടി ഒന്ന് കാത്തിരുന്നാൽ ഞാൻ തന്നോളാം എനിക്ക് സൗജന്യമൊന്നും വേണ്ട ഞാൻ തരാനുള്ളതാണ് നോക്കുക താഴ്മയില്ലാതെ പ്രിയപ്പെട്ടവര് നമ്മൾ ക്രിസ്ത്യൻ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ തുടക്കമൊക്കെ വളരെ താഴ്മയും ഒരു ഒരു വളരെ കണ്ണുനീരും നനവുമുള്ള ഒരു ജീവിതം നമ്മൾ തുടങ്ങിയാൽ പിന്നീട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വേണ്ട താഴ്മ നമുക്ക് ലഭിക്കുന്നില്ലെങ്കിൽ വേണ്ട വിധമുള്ള ഒരു ക്ലെൻസിങ് നമുക്ക് നടക്കാതെ പോകും അവിടെ നമ്മൾ ഹൃദയത്തിൻ്റെ ഒരു കാഠിന്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയെന്ന് നാം പോലും അറിയില്ല കത്താവിൽ നിന്ന് പാപക്ഷമ സ്വീകരിക്കാനായിട്ട് പലപ്പോഴും കർത്താവ് നമ്മുടെ പാപങ്ങൾ പൂർണ്ണമായും ക്ഷമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ കർത്താവിൽ നിന്ന് ഓടിപ്പോകാനുള്ള സാധ്യത അല്ലെങ്കിൽ ആവർത്തിച്ച് വീഴുമ്പോൾ ആവർത്തിച്ച് എനിക്ക് കൊടുത്തു തീർത്താക്കാൻ പറ്റാത്തൊരു കടമെൻ്റെ ജീവിതത്തിലുണ്ട് എന്ന് തോന്നുമ്പോൾ ഈ യജമാനൻ്റെ കരുണയ്ക്കും യജമാനൻ്റെ ദയയ്ക്കും യജമാൻ്റെ വിട്ടുവീഴ്ചയുടെ ആഴമറിയാതെ ഞാൻ പറയാം കത്താവേ ഞാൻ ശരിയായിക്കോളാം ഈ പ്രാവശ്യം വീണെങ്കിലും ഞാൻ തിരിച്ചു വരും എന്ന് പറയുമ്പോൾ അത് നല്ലതാണ് പക്ഷേ നമ്മൾ ഒരു ബലമായിട്ട് തീരുന്നെങ്കിൽ നാം അച്ചെറിയവൻ പട്ടികയിൽ നിന്നും നാം മാറിപ്പോവുകയാണ് എന്താണ് നമ്മളെങ്ങനെ അറിയുന്നത് നമ്മളിൽ ഈ മനോഭാവത്തിന് മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ താഴ്മയും ഈ ഒരു ദൈവത്തിൻ്റെ ദാനമായി രക്ഷ കരം നീട്ടി സ്വീകരിക്കാൻ മടിയില്ലാത്തവരായിട്ട് എപ്പോഴും ലജ്ജ കൂടാതെ മുട്ടുന്നവരായിട്ട് നമ്മൾ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ള തെളിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മളിവിടെ അന്വേഷിക്കേണ്ടത് അതാണ് കഥയുടെ തുടർച്ച നമുക്ക് ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ കഴിയാതെ പറ്റുന്നുണ്ട് ആരോടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഭവനത്തിലാകട്ടെ അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളിലാകട്ടെ നമ്മളുടെ പാർട്നേഴ്സിലാവട്ടെ അല്ലെങ്കിൽ നമ്മളുടെ ജോലി സ്ഥലത്താകട്ടെ ആരോടെങ്കിലും നമ്മുടെ ഹൃദയത്തിലൽപ്പം കയ്പോ നീരസമോ നമുക്കുണ്ടെങ്കിൽ നമ്മളീ ആദ്യം പറഞ്ഞ നാളെ പോലെ നമ്മളറിയുന്നില്ല നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നോക്കുക താൻ ധരിക്കുകയാണ് തൻ്റെ കൂട്ടുകാരനോട് തൊണ്ടയ്ക്ക് പിടിച്ച് ഞെക്കി നിൻ്റെ കടം തീർക്കുക എന്ന് പറയുമ്പോൾ തൻ്റെ കടം വീട്ടപ്പെട്ടവതാണ് കർത്താവ് ദൈവം എൻ്റെ അല്ലെങ്കിൽ രാജാവ് തൻ്റെ കടം മുഴുവൻ ഇളച്ചു തന്നതാണ് എന്നുള്ള ബോധ്യം ഇല്ല അവൻ കടക്കാരനായിട്ട് നിൽക്കുകപ്പോഴും അവൻ വീണ്ടും ഒരു കടക്കാരനായിട്ട് ഞാൻ അടച്ച് സമയം വാങ്ങിച്ചെന്നേ ഉള്ളൂ എന്നുള്ള മനോഭാവത്തോടെയാണ് പ്രിയപ്പെട്ട ഒരു കർത്താവിൻ്റെ സഭയിൽ പരാജയങ്ങൾ എന്തായിക്കോട്ടെ നമ്മളെ സ്നേഹിച്ച് നമ്മുടെ മുഴുവൻ വീഴ്ചകൾക്കും പകരം കൊടുത്ത് നമ്മളെ സ്നേഹിക്കുന്നൊരു കർത്താവ് കഥാവ് ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ നീ ചെറിയവനായിരിക്കുക നിൻ്റെ ജീവനെ വെക്കുവാനായിട്ട് നീ തയ്യാറുള്ളവനായിട്ടിരിക്കുക നീ ജീവനെ വെക്കാൻ തയ്യാറാണോ നിന്റെ കണ്ണ് ചൂഴു കളയാനായിട്ട് നീ ആഗ്രഹിക്കുന്നുണ്ടോ നിനക്കൊരു നിലവിളിയുണ്ടോ അവിടെ നീ സുരക്ഷിതനാണ് നീ ചെറിയവനായിരിക്കും അവിടെ നിനക്ക് ക്ഷമിക്കുവാനായിട്ട് അല്ലേ നമുക്ക് പൂർണ്ണമായും നമ്മളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് നാം വിശുദ്ധരൻ നമ്മൾ കേട്ടത് പോലെ വിശുദ്ധരെന്ന് നമ്മളെ വിളിക്കുമ്പോൾ നമുക്കെങ്ങനെയാണ് മറ്റൊരാളുടെ അല്പമെങ്കിലും പരിഭവം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുക നമുക്ക് ക്ഷമിക്കാൻ പറ്റും നമ്മുടെ അമ്മായിമ്മയോടായിക്കോട്ടെ അമ്മായിപ്പനോടായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ആരോടെങ്കിലും ആ ഒരു ബന്ധത്തിൽ ദൈവം തന്നിരിക്കുന്ന കുഴപ്പത്തിനും കുടുംബത്തിനും പുറത്തുമുള്ള ബന്ധങ്ങളിൽ നമുക്കല്പമെങ്കിലും കയ്പ്പ് നമുക്കുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഭയത്തോടെ കതാവിൻ്റെ അടുത്തേക്ക് മടങ്ങിച്ചെല്ലാം കത്താവേ ചെറിയവനായിട്ടിരിക്കുവാൻ അങ്ങനെ എന്നെ പൂർണ്ണമായും രക്ഷിക്കുവാൻ കഴിവുള്ളവരാണ് ശക്തിയുള്ളവരാണ് ആ നിലയിൽ നമുക്ക് ദൈവം നമ്മളെ തന്നെ ഇന്ന് കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ചെറിയവരായി ചെറിയവരായി കഥാവിൻ്റെ സന്നിധിയിൽ കഥാവിൻ്റെ പാപക്ഷമ പൂർണ്ണമായും എനിക്കുള്ളത് കഥാവിൻ്റെ വാഗ്ദത്വങ്ങൾ പൂർണ്ണമായും എനിക്കുള്ളത് ഞാൻ പൂർണ്ണമായും അവൻ്റെ മകൻ ആ ധൈര്യത്തോടെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ലോകത്തിലാരോടും വീട്ടുവാനൊരു അല്ലെങ്കിൽ നമുക്ക് ചോദിക്കുവാനും കട നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്തൊരു കാര്യവും മറ്റുള്ളവരിൽ നമുക്ക് ഉണ്ടാവുകയില്ല എല്ലാം നിയന്ത്രിക്കുന്ന സ്വർഗീയ പിതാവ് ഈ കാര്യങ്ങളിലെല്ലാം എന്നെ ചെറിയവനായി സൂക്ഷിച്ചിരിക്കും വിടുതൽ തരും എന്ന് വിശ്വസിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ കൃഷി ജീവിതം കേട്ടതുപോലെ നമുക്ക് അല്പം കൂടി എളുപ്പമായിട്ട് സഭയിൽ ചേർന്നിരിക്കുവാൻ നമ്മൾ സഭയിൽ വളരുവാൻ സഭയിൽ നമുക്കുള്ള പങ്ക് അന്വേഷിച്ച് നാം കണ്ടെത്തി അവിടെ വിശ്വസതയോടെ ഇരിക്കുവാനൊക്കെ ദൈവം നമ്മെ സഹായിക്കണമെങ്കിൽ ഈ നിലയിൽ നമുക്ക് ചെറിയവനായിരിക്കാൻ നമ്മൾ ദൈവം നമ്മെ സഹായിക്കട്ടെ അമ്മേ